ഒരു മനുഷ്യന്റെ ഉള്ളിൽ രണ്ട് ഹൃദയങ്ങൾ അള്ളാഹുസുബഹാനഹൂവചായാല ഉണ്ടാക്കിയിട്ടില്ല നിങ്ങൾ ഭാര്യമാരെ മാതാക്കളായി സദൃശപ്പെടുത്തുന്ന നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങളുടെ മാതാക്കളായി അവനാക്കിയിട്ടുമില്ല നിങ്ങളുടെ ദത്തുപുത്രന്മാരെ നിങ്ങളുടെ സ്വന്തം പുത്രന്മാരായി അവനാക്കിയിട്ടുമില്ല അത് നിങ്ങളുടെ വായകൾ കൊണ്ട് പറയുന്ന വാക്കുകൾ മാത്രമാണ് അള്ളാഹു സുബഹാനഹൂവ ചായല സത്യമാണ് പറയുന്നത് അവൻ നേർവഴി കാണിച്ചു ചെയ്യുന്നു